യൂണിറ്റ് ട്വന്റി ഫൈവ് ലെസൺ സെവന്റി ടു ലി കേരള സമാജം പരിപാടികൾ എന്ന് പറഞ്ഞുകൂടാ മൊത്തത്തിൽ തരക്കേടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൊച്ചു പെൺകുട്ടികളുടെ സംഘനൃത്വം വളരെ നന്നായിരുന്നു പക്ഷേ നമ്മുടെ തിരുവാതിരക്കളി ആ മുതിർന്ന സ്ത്രീകൾ ഷളാക്കി പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ സ്ത്രീകളല്ലേ തിരുവാതിര കളി കളിക്കാറുണ്ടായിരുന്നത് എന്നല്ല ഇപ്പോഴും കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ ഓണത്തിനും തിരുവാതിരയ്ക്കും മറ്റും നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ തിരുവാതിര കളിക്കാറില്ലേ തോമസ് മുതിർന്ന സ്ത്രീകൾ തിരുവാതിര കളിക്കുന്നതിനെ പറ്റിയല്ല എന്റെ പരാതി അവരാണ് കളിക്കാറുള്ളത് എന്നും എനിക്കറിയാം പക്ഷെ ഇന്നിവിടെ നമ്മൾ കണ്ടതിന് തിരുവാതിര എന്ന പേരിടുവാൻ എനിക്ക് സമ്മതമില്ല അവർ അങ്ങനെ വിളിച്ചു പറഞ്ഞതിലേ എനിക്ക് പ്രതിഷേധമുള്ളൂ കസവുമുണ്ടും നേരിയതും മാത്രമെടുത്താൽ കേരളീയത്വം വരില്ല അതനുസരിച്ച് വേണമല്ലോ ഭാവചലനങ്ങളും വളരെക്കാലം കേരളത്തിൽ നിന്നും അകന്ത താമസിച്ചതാവാം ഇവർക്കതില്ലാത്തതിന് കാരണം പോരെങ്കിൽ ഇവിടെ കളിച്ചവരിൽ മിക്കവരും നാട്ടിൽ വെച്ച് നല്ല തിരുവാതിര കളി കണ്ടിരിക്കില്ല ഞാനതിന് ന്യായീകരണമോ വിശദീകരണമോ ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ ആ പരിപാടി ഈ പേരിൽ വേണ്ടായിരുന്നു എന്നേ പറയുന്നുള്ളൂ മിസിസ് മേനോനും മിസ്സിസ് ജോസഫുമാണ് സംവിധായകർ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ ഉതകുള്ള ഒരു സന്ദർഭം അവർ പാഴാക്കുമോ അവരല്ലേ ഈ കേരള സമാജത്തിന്റെ നെടും തൂണുകൾ അങ്ങനെയാണെങ്കിൽ മിസസ് മേനോന്റെ ഒരു മോഹിനിയാട്ടം കൂടി വേണമായിരുന്നല്ലോ എടോ ആളുകളെ കളിയാക്കുന്നതിന് ഒരതിര് വേണം പാവം സ്ത്രീ അവർക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയത് അവരുടെ കുറ്റം അല്ലല്ല അത് അവരുടെ ഭർത്താവിന്റെ തന്നെയാണ് കരിഞ്ചന്തയും കള്ളക്കടത്തും വഴി വാരിക്കൂട്ടുന്ന പണം കുറെ തിന്നു തീർക്കണ്ടേ അയാളുടെ ചുണിയിൽ തനിക്ക് അസൂയ എന്തിന് ചുമ്മാതല്ല ആളുകൾ പറയുന്നത് എന്താ ിൽ പറയുന്നത് എനിക്ക് വലിയ അസൂയയാണെന്നോ അല്ല അവർ പറയുന്നത് മലയാളികൾക്ക് തമ്മിൽ യോജിപ്പില്ല എന്നാണ് നൂറ് മലയാളികളുള്ള മറുനാട്ടിൽ നൂറ്റിയൊന്ന് കേരള സമാജങ്ങളെങ്കിലും കാണുമട്ടെ സാരമില്ല അതും ഒരു കഴിവ് ലിസൺ ആൻഡ് റിപ്പീറ്റ് പരിപാടികളൊക്കെ വളരെ നന്നായിരുന്നു അല്ലേ പരിപാടികളൊക്കെ വളരെ നന്നായിരുന്നു അല്ലെ എന്ന് പറഞ്ഞുകൂടാ മൊത്തത്തിൽ തരക്കേടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞുകൂടാ മൊത്തത്തിൽ തരക്കേടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കൊച്ചു പെൺകുട്ടികളുടെ സംഘനൃത്തം വളരെ നന്നായിരുന്നു കൊച്ചു പെൺകുട്ടികളുടെ സംഘനൃത്തം വളരെ നന്നായിരുന്നു പക്ഷെ നമ്മുടെ തിരുവാതിരക്കളി ആ മുതിർന്ന സ്ത്രീകൾ ആകെ വഷളാക്കി പക്ഷെ നമ്മുടെ തിരുവാതിരക്കളി ആ മുതിർന്ന സ്ത്രീകൾ ആകെ വഷളാക്കി പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ സ്ത്രീകളല്ലേ തിരുവാതിരക്കളി കളിക്കാറുണ്ടായിരുന്നത് സ്ത്രീകളല്ലേ തിരുവാതിരക്കളി കളിക്കാറുണ്ടായിരുന്നത് എന്നല്ല ഇപ്പോഴും കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ എന്നല്ല ഇപ്പോഴും കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ ഓണത്തിനും തിരുവാതിരയ്ക്കും മറ്റും നിലവിളക്ക് കത്തിച്ചു വെച്ച് ും തിരുവാതിരയ്ക്കും മറ്റും നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ തിരുവാതിര കളിക്കാറില്ലേ അതിനു ചുറ്റും സ്ത്രീകൾ തിരുവാതിര കളിക്കാറില്ലേ തോമസേ മുതിർന്ന സ്ത്രീകൾ തിരുവാതിര കളിക്കുന്നതിനെ പറ്റിയല്ല എന്റെ പരാതി തോമസ് മുതിർന്ന സ്ത്രീകൾ തിരുവാതിര കളിക്കുന്നതിനെ പറ്റിയല്ല എന്റെ പരാതി അവരാണ് കളിക്കാറുള്ളത് എന്നും എനിക്കറിയാം അവരാണ് കളിക്കാറുള്ളത് എന്നും എനിക്കറിയാം പക്ഷേ ഇന്നിവിടെ നമ്മൾ കണ്ടതിന് തിരുവാതിര എന്ന് പേരിടുവാൻ എനിക്ക് സമ്മതമില്ല പക്ഷേ ഇന്നിവിടെ നമ്മൾ കണ്ടതിന് തിരുവാതിര എന്ന് പേരിടുവാൻ എനിക്ക് സമ്മതമില്ല അവർ അങ്ങനെ വിളിച്ചു പറഞ്ഞതിലേ എനിക്ക് പ്രതിഷേധമുള്ളൂ അവർ അങ്ങനെ വിളിച്ചു പറഞ്ഞതിലേ എനിക്ക് പ്രതിഷേധമുള്ളൂ കസുവുണ്ടും നേരിയത് മാത്രം എടുത്താൽ കേരളീയത്വം വരില്ല കസവും കൊണ്ടും നേരിയതും മാത്രം എടുത്താൽ കേരളീയത്വം വരില്ല അതനുസരിച്ച് വേണമല്ലോ ഭാവചലനങ്ങളും അതനുസരിച്ച് വേണമല്ലോ ഭാവചലനങ്ങളും വളരെ കാലം കേരളത്തിൽ നിന്നും അകന്നു വളരെ കാലം കേരളത്തിൽ നിന്നും അകന്നു താമസിച്ചതാവാം ഇവർക്ക് അതില്ലാത്തതിനു കാരണം ഇവർക്ക് അതില്ലാത്തതിനു കാരണം പോരെങ്കിൽ ഇവിടെ കളിച്ചവരിൽ മിക്കവരും പോരെങ്കിൽ ഇവിടെ കളിച്ചവരിൽ മിക്കവരും ിൽ വച്ച് നല്ല തിരുവാതിരക്കളി കണ്ടിരിക്കില്ല നാട്ടിൽ വെച്ച് നല്ല തിരുവാതിരക്കളി കണ്ടിരിക്കില്ല ഞാൻ അതിന് ന്യായീകരണമോ വിശദീകരണമോ ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ ഞാനതിന് ന്യായീകരണമോ വിശദീകരണമോ ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ ആ പരിപാടി ഈ പേരിൽ വേണ്ടായിരുന്നു എന്നേ പറയുന്നുള്ളൂ ആ പരിപാടി ഈ പേരിൽ വേണ്ടായിരുന്നു എന്നേ പറയുന്നുള്ളു മിസ്സിസ് മേനോനും ജോസഫും ആണ് സംവിധായകർ മിസിസ് മേനോനും മിസ്സിസ് ജോസഫുമാണ് സംവിധായകർ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുതകുന്ന ഒരു സന്ദർഭം അവർ പാഴാക്കുമോ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ ഉതകുന്ന ഒരു സന്ദർഭം അവർ പാഴാക്കുമോ അവരല്ലേ ഈ കേരള സമാജത്തിന്റെ നെടും തൂണുകൾ അവരല്ലേ ഈ കേരള സമാജത്തിന്റെ നെടും അങ്ങനെയാണെങ്കിൽ മിസ്സിസ് മാനോന്റെ ഒരു മോഹിനിയാട്ടം കൂടി വേണമായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ മിസിസ് മേനോന്റെ ഒരു മോഹിനിയാട്ടം കൂടി വേണമായിരുന്നല്ലോ എടോ ആളുകളെ കളിയാക്കുന്നതിന് ഒരതിര് വേണം എടോ ആളുകളെ കളിയാക്കുന്നതിന് ഒരതിര് വേണം പാവം സ്ത്രീ പാവം സ്ത്രീ അവർക്ക് കുറച്ച് വണ്ണം കൂടിപ്പോയത് അവരുടെ കുറ്റം കൊണ്ടാണോ അവർക്ക് കുറച്ച് വണ്ണം കൂടിപ്പോയത് അവരുടെ കുറ്റം കൊണ്ടാണോ അല്ലല്ല അത് അവരുടെ ഭർത്താവിന്റെ കുറ്റം തന്നെയാണ് അല്ലല്ല അത് അവരുടെ ഭർത്താവിന്റെ കുറ്റം തന്നെയാണ് കരിഞ്ചന്തയും കള്ളക്കടത്തും വഴി വാരിക്കൂട്ടുന്ന പണം കുറെ തിന്നു തീർക്കണ്ടേ കരിഞ്ചന്തയും കള്ളക്കടത്തും വഴി വാരിക്കൂട്ടുന്ന പണം കുറെയെങ്കിലും തിന്നു അയാളുടെ ചുണയിൽ തനിക്ക് അസൂയ അയാളുടെ ചുണയിൽ തനിക്ക് അസൂയ എന്തിന് ചുമ്മാതല്ല ആളുകൾ പറയുന്നത് ചുമ്മാതല്ല ആളുകൾ പറയുന്നത് എന്തോ നാടോ ആളുകൾ പറയുന്നത് എന്തോ ആളുകൾ പറയുന്നത് എനിക്ക് വലിയ അസൂയയാണെന്നോ എന്തോന്നാണോ ആളുകൾ പറയുന്നത് എനിക്ക് വലിയ അസൂയാണെന്നോ എനിക്ക് വലിയ അസൂയാണെന്നോ അല്ല അവർ പറയുന്നത് മലയാളികൾക്ക് തമ്മിൽ യോജിപ്പില്ല എന്നാണ് அவர் மலையாளிகளுக்கு தமிழ் யோஜிப்பில் என்ன நூறு மலையாளிகள மறுநாட்டில் நூறு மலையாளிகளில் உள்ள மறுநாட்டில் நூற்றியொன்று காணுமத்தே நூற்றியொன்னு கேரள சமாஜங்களெங்கிலும் காணுமத்தே സാരമില്ല അതും ഒരു കഴുതന്നെ സാരമില്ല അതും ഒരു കഴിവു തന്നെ